അധ്യായം പതിനെട്ട് യഹോവെങ്കിൽ നിന്ന് ഇരമ്യാമിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക അവിടെ വെച്ച് ഞാൻ നിന്നെ എന്റെ വചനങ്ങളെ കേൾപ്പിക്കും അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു കുശവൻ കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കൈയ്യിൽ ചീത്തയായിപ്പോയി എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു അപ്പോൾ യഹോവിയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ ഇസ്രായേൽ ഗ്രഹമേ ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയയില്ലയോ എന്ന് യഹോവിയുടെ അരുളപ്പാട് ഇസ്രായേൽ ഗ്രഹമേ കളിമണ്ണ് കുശവന്റെ കൈയിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കയ്യിൽ ഇരിക്കുന്നു ഞാനൊരു ജാതിയെക്കുറിച്ചോ ഒരു രാജ്യത്തെക്കുറിച്ചോ തിനെ പറ ഇടിച് നശിപിച് കളയും എന്നരുളി ചെയ്തിട്ട് ഞാൻ അങ്ങനെ അരുളി ചെയ്ത ജാതി തന്റെ ദുഷ്ടത വിട്ടുതിരിയുന്നുവെങ്കിൽ അതിനോട് ചെയ്യുവാൻ നിരൂപിച്ച ദോഷത്തെക്കുറിച്ച് ഞാൻ അനുഭവിക്കും ഒരു ജാതിയെക്കുറിച്ചോ രാജ്യത്തെക്കുറിച്ചോ ഞാൻ അതിനെ പണികയും നടുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തിട്ട് അതെന്റെ വാക്ക് കേട്ടനുസരിക്കാതെ എനിക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുന്നുവെങ്കിൽ അവർക്ക് വരുത്തും എന്ന് അരുളി ചെയ്ത നന്മയെക്കുറിച്ച് ഞാൻ അനുതപിക്കും ആകയാൽ നീ യഹൂദാ പുരുഷന്മാരോടും യെരുശല്യ നിവാസികളോടും പറയേണ്ടത് യഹോ വൈപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ നിങ്ങൾക്ക് ഒരനർത്ഥം നിർമ്മിച്ചു നിങ്ങൾക്ക് വിരോധമായി ഒരു നിരൂപണം നിരൂപിക്കുന്നു നിങ്ങൾ ഓരോരുത്തനും താന്താന്റെ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് നിങ്ങളുടെ നടപ്പും പ്രവർത്തികളും നന്നാക്കുവീൻ അതിനവർ ഇത് വെറുതെ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം നിരൂപണങ്ങളനുസരിച്ച് നടക്കും ഞങ്ങളിൽ ഓരോരുത്തനും താന്താന്റെ ദുഷ്ടഹൃദയത്തിലെ ശാഠ്യം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു അതുകൊണ്ട് ഈ ഇപ്രകാരം അരുളി ചെയ്യുന്നു ജാതികളുടെ ഇടയിൽ ചെന്ന് അന്വേഷിപ്പീൻ ഇങ്ങനെയുള്ളത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇസ്രയേൽ കന്യക അതിഭയങ്കരമായുള്ളത് ചെയ്തിരിക്കുന്നു ലെബാനോനിലെ ഹിമം വയലിലെ പാറയെ വിട്ടുപോകുമോ അന്യദേശത്തുനിന്ന് ഒഴുകിവരുന്ന തണുത്ത വെള്ളം വറ്റിപ്പോകുമോ എന്റെ ജനമോ എന്നെ മറന്ന് മിഥ്യാമൂർത്തികൾക്ക് ധൂപം കാട്ടുന്നു അവരുടെ വഴികളിൽ പുരാതന പാതകളിൽ തന്നെ അവർ അവരെ ഇടറി വീടുമാറാക്കി അവർ നിരപ്പില്ലാത്ത വഴികളിലും പാതകളിലും നടക്കുന്നു അവർ അവരുടെ ദേശത്തെ ശൂന്യവും നിത്യപരിഹാസവുമാക്കുന്നു അതിൽ കൂടി കടന്നുപോകുന്ന ഏവനും തമ്പിച്ച് തലകുലുക്കും കിഴക്കൻ കാറ്റുകൊണ്ടെന്ന പോലെ ഞാനവരെ ശത്രുക്കളുടെ മുമ്പിൽ ചിതറിച്ചുകളയും അവരുടെ അനർഥ ദിവസത്തിൽ ഞാൻ അവർക്ക് മുഖമല്ല പുറമത്രേ കാണിക്കും എന്നാൽ അവർ നമുക്ക് ഇരമ്യാവിന്റെ നേരെ ഉപായങ്ങളെ ചിന്തിക്കാം പുരോഹിതന്റെ പക്കൽ ഉപദേശവും ജ്ഞാനിയുടെ പക്കൽ ആലോചനയും പ്രവാചകന്റെ പക്കൽ അരുളപ്പാടും ഇല്ലാത്ത പോകയില്ല വരുവിൻ നാം അവനെ നാവുകൊണ്ട് അവന്റെ വാക്കൊന്നും നാം ശ്രദ്ധിക്കരുത് എന്ന് പറഞ്ഞു യഹോവേ എനിക്ക് ചെവി തന്ന് എന്റെ പ്രതിയോഗികളുടെ വാക്ക് കേൾക്കണമേ നന്മയ്ക്കു പകരം തിന്മ ചെയ്യാമോ അവർ എന്റെ ഴി കുഴിച്ചിരിക്കുന്നു നിന്റെ കോപം അവരെ വിട്ടുമാറേണ്ടതിന് ഞാൻ വേണ്ടി നന്മ സംസാരിപ്പാൻ തിരുമുമ്പിൽ നിന്നത് ഓർക്കേണമേ അവരുടെ മക്കളെ ക്ഷാമത്തിനേൽപ്പിച്ചു വാളിന് ഇരയാക്കേണമേ അവരുടെ ഭാര്യമാർ മക്കളില്ലാത്തവരും വിധവുമാരും അയിത്തീരട്ടെ അവരുടെ പുരുഷന്മാർ മരണത്തിന് ഇരയാകട്ടെ അവരുടെ യുവനക്കാർ യുദ്ധത്തിൽ വാളിനാൽ പട്ടുപോകട്ടെ നീ പെട്ടെന്ന് ഒരു പടക്കൂട്ടത്തെ അവരുടെ മേൽ വരുത്തിയിട്ട് അവരുടെ വീടുകളിൽ നിന്ന് നിലവിളി കേൾക്കുമാറാകട്ടെ അവർ എന്നെ പിടിപ്പാൻ ഒരു കുഴിക്കുഴിച്ചു എന്റെ കാലിന് കണി മറച്ചു വെച്ചിരിക്കുന്നുവല്ലോ യഹോവെ എന്റെ അവരുടെ ആലോചനയൊക്കെയും നീ അറിയുന്നു അവരുടെ അകൃത്യം ക്ഷമിക്കരുത് അവരുടെ പാപം നിന്റെ മുമ്പിൽ നിന്ന് മായിച്ചു കളയരുത് അവർ തിരുമുമ്പിൽ ഇടറി വീഴട്ടെ നിന്റെ കോപത്തിന്റെ കാലത്തു തന്നെ അവരോട് പ്രവർത്തിക്കാനുമേ